അങ്ങനെ അവൻ അവർക്ക് സൽവൃത്തനായ ഒരു സന്താനത്തെ നൽകിയപ്പോൾ അവൻ അവർക്കു നൽകിയതിൽ അവർ അവന് പങ്കാളികളെ ഉണ്ടാക്കി അവർ പങ്കു ചേർക്കുന്നതിനേക്കാൾ അല്ലാഹു സുബാനഹുവറ്റ ആല എത്രയോ ഉന്നതനാണ്